ജാഗ്രസ്വനസുഷുപ്തിഷുസ്ഫുടതരായാ സംവിദുജംബത്തെ ീലിഷു പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ്തി ദൃഢപ്രജാപ്പി യസ്തി ചേച്ചളോസ്തു സു ദ്ജോസ്തു ഗുരുത്യ മനീഷ മമാ ബ്രഹ്മൈവാഹമി ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിത चैतद मया ൈതദവിദ്യയാണയാൽ ഇത്ത ദൃഢാമതിസുഖതേ നിത്യേ പരേ നിാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യ മനീഷ മമാന്നരമേവ വിശ്വമിളം നിശ്ചിത്യ ഗുരു നിർമ്മ നിരന്തരം വിമൃശതാത്തത്മന ഭൂതം ഭാവി ചുഷം പ്രദഹതാ സംവിന്മയേ പാവകെ പ്രാധാന്യ സമർപ്പം സ്വപുരിത്യേഷാമീഷ മയവരഹസ്ഫുടാ ഗൃഹ്യത്തെസാഹൃദയാക്ഷേഹവിഷയാ ഭാതി സ്വതോതന താ ഭാസ്യീ പിഹിതർക്കൂർത്തിയൻ യോഗീ നിവൃതമാനസോ ഹി ഗുരുഷാ മനീഷാ മമ യഖ്യംബുധിശലേശദിമേ ശക്രാദയോ നിവൃത്തി നിതരാന്തകലനേലബ്ധനിർനിവൃത്ത गलितधीहि യൻ നിത്സുഖാബുധൗ ഗളിതധീവന ബ്രഹ്മവിിത് സുരേന്ദ്രവന്തി നൂനമനീഷ മമ യാതരഹമുടാ ഗൃഹ്യത്തെ ഭാസ ഹൃദയാക്ഷേഹവിഷയാ ഭാതി സ്വേതനാസ്യേ പിഹിതർക്കൂർത്തി സദാ ഭാവയൻ യോഗീ നിവൃതമാനസോ ഹി ഗുരുത്യേഷ മലേഖവസാനത്തെ ശ്ലോകം സുവ്യക്തമായിട്ട് പരമാർത്ഥം പറയുന്ന ശ്ലോകമാണ് ബാക്കി മൂന്ന് ശ്ലോകങ്ങളും നമ്മളെ പാകപ്പെടുത്തുന്നു മറ്റ് മൂന്ന് ശ്ലോകങ്ങളും സത്യത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ശ്ലോകം സത്യത്തിനെ കൈ ചൂണ്ടിക്കാണിച്ചു തരാം ആദ്യത്തെ ശ്ലോകം ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകൾക്ക് സാക്ഷിയായി നിൽക്കുന്ന വസ്തു എന്ന അല്പം അടുത്ത് രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ആ ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്നുള്ള ധ്യാനഭാവം അനുഭൂതി മഹാവാക്യം മൂന്നാമത്തെ ശ്ലോകം ഉപദേശമാണ് അതിനുള്ള മാർഗത്തിനെ കാണിച്ചു നാലാമത്തെ ശ്ലോകം സുവ്യക്തമായി എന്റെ ഉള്ളിൽ ഏതൊരു സത്യം പ്രകാശിക്കുന്നുവോ ആ സത്യം തന്നെയാണ് തിരിയക്കുകളിലും മനുഷ്യരിലും ദേവന്മാരിലും സർവപ്രാണികളിലും അന്തർഹൃദയത്തിൽ പ്രകാശിക്കുന്നത് അയം ആത്മാ ബ്രഹ്മാ ഇന്ന് മഹാവാക്യം ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ഇവിടെ യാതൊന്ന് തിര്യക്കുകളിലും നരന്മാരിലും ദേവന്മാരിലും അഹം ഇതി അന്തസ്ഫുടാ ഗൃഹ്യത്തെ ഞാൻ എന്നീ വിധത്തില് സ്ഫുടമായി ഗ്രഹിക്കപ്പെടുന്നുണ്ടോ യാതൊന്നുള്ളതുകൊണ്ട് ഹൃദയ അക്ഷദേഹ വിഷയാ ഹൃദയം മനസ്സ് ദേഹം ദേഹം കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്ന പുറമേക്കുള്ള വിഷയങ്ങൾ ഇതൊക്കെ സ്വയമേവ അചേതനമാണെങ്കിലും യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ചേതനവത്ത് പോലെ കാണപ്പെടുന്നുവോ പ്രപഞ്ചം മുഴുവൻ തന്നെ അനുഭൂതി ആണ് ലോകം എന്നുള്ളതിനെ നമ്മൾ കാണുന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ലോകത്തിനെ പ്രകാശിപ്പിക്കുന്ന അനുഭവം ആണ് ആത്മാവിന്റെ സ്വരൂപം അനുഭവം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ മാത്രം സ്വരൂപമാണ് അനുഭവം ഒരിക്കലും ജഡപദാർത്ഥങ്ങൾക്ക് ഒന്നിനും തന്നെ അനുഭവം സാധ്യമല്ല അനുഭവം എന്നുള്ളത് അഹം എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് അനുഭവം അതാണ് വേദം തന്നെ അഹമസ്മി യോഹമസ്മി അഹമേവാഹമസ്മി മാം ജുഹോ ഞാൻ തന്നെ ഞാൻ തന്നെ ബ്രഹ്മൈവാഹമസ്മി അപ്പൊ ഇതിൽ ഈ അഹമസ്മി എന്നുള്ള അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം അയാം ആ എക്സ്പീരിയൻസ് അത് ബ്രഹ്മത്തിന്റെ സ്വരൂപലക്ഷണമാണ് ഈ മൈക്കിനിപ്പൊ മൈക്കുണ്ട് എന്ന് അറിയില്ല അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടോന്നും അറിയില്ല ജഡപപദാർത്ഥങ്ങൾക്ക് സ്വയമേവ അവരവരുടെ ഉണ്മയും അറിയപ്പെടുന്നില്ല മറ്റുള്ളവരുണ്ട് എന്നതുകൊണ്ട് അവരൊന്നും ശ്രദ്ധിക്കില്ല അപ്പോ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം കേവലാനുഭവം എന്നാണ് അതിന് കേവലാനുഭവം എന്ന് പറയുന്നു ആ കേവലാനുഭവം സ്വസംവേദ്യം ആയിട്ടുള്ള അനുഭവം ആ അനുഭവം അനുഭവത്തിലാണ് മനസ്സ് പൊന്തുന്നതും ആ അനുഭവത്തില് മനസ്സ് പൊന്തി മനസ്സ് പ്രപഞ്ചത്തിനെ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു എന്നുവെച്ചാൽ ശുദ്ധമായ അനുഭൂതിയെ ശുദ്ധമായ അനുഭവത്തിനെ അനുഭൂതി സ്വയം പ്രകാശാ അനുഭൂതിത്വാത് അനുഭൂതിവത് എന്നും ആചാര്യന്മാർ ഇതിന് ലക്ഷണം പറയും അനുഭൂതിയെ വേറെ ഒന്നിനോട് ഉപമിക്കാനാവാത്തത് കൊണ്ടും അനുഭൂതിയുടെ ലക്ഷണം പറയുമ്പോൾ അനുഭൂതി ഒരു ലക്ഷണം പറയാൻ എന്തു പറയും അതിന്റെ ലക്ഷണം പറയും അതിനെ വേറൊന്നിനോടുകൂടെ ഉപമീ ഉപമ ഉപമിക്കും അനുഭൂതിയെ ഏതിനോട് ഉപമിക്കും എന്ന് വെച്ചാൽ അനുഭൂതികാശ അനുഭൂതിത്വത്ത് അനുഭൂതിവത് അനുഭൂതി സ്വയം പ്രകാശമാണ് എന്തുകൊണ്ട് അനുഭൂതിയായതുകൊണ്ട് എന്തിനെ പോലെ അനുഭൂതിയെ പോലെ എന്നാണ് അപ്പൊ അനുഭൂതിയെ മറ്റൊന്നിനോടും ഉപമിക്കാൻ സാധ്യമല്ല അനുഭൂതി എന്ന് വെച്ചാൽ എന്തിനെങ്കിലും ഒക്കെ അനുഭവിക്കൽ അല്ല ശുദ്ധമായ അനുഭവം അതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത് അതായത് ഞാൻ ഉണ്ട് എന്ന അനുഭവം അനുഭവത്തിന്റെ ലക്ഷണം എന്താ അസ്തിത്വം ശാന്തി നിശ്ചലത ഭഗവാൻ ഗീതയില് ഇതിനെ നിത്യ സർവഗത സ്ഥാണു അചലോയം സനാതന അത് നിത്യമാണ് ആ നിത്യം എന്ന് വെച്ചാൽ ഒരിക്കലും ചലിക്കാതെ നിൽക്കുന്നത് അനുഭവം ആ അനുഭവത്തിലാണ് സത്പ്രതീതിയും അസത്പ്രതീതിയും ഒക്കെ ഉണ്ടാവുന്നത് ആ അനുഭൂതിയെ സ്വരൂപമായിട്ടുള്ള പരമാത്മാ അത് സകല പ്രാണിഹൃദയത്തിലും പക്ഷി മൃഗാദികളിലും ഒരു അമീവ മുതൽ ബ്രഹ്മാവ് വരെ എല്ലാറ്റിൻറെ ഉള്ളിലും യാ ബ്രഹ്മാതി പിത സകല തനു ശരീരത്തിലും അങ്ങനെ ഊടും പാവുമായി നിറഞ്ഞു നിൽക്കുന്നു നരദേവതാഭിരഹം അന്തസ്ഫുടാ ഗൃഹ്യത്തെ യാസാഹ യാതൊന്നു പ്രകാശിക്കുന്നതുകൊണ്ട് ഹൃദയ അക്ഷദേഹ വിഷയാഹ ഹൃദയം എന്നുവെച്ചാൽ ഇവിടെ മനസ്സ് എന്നർത്ഥം മനസ്സ് അക്ഷംന്ന് വച്ചാൽ ഇന്ദ്രിയങ്ങള് ദേഹം ശരീരം പുറമേക്കുള്ള വിഷയം ഇതൊക്കെ പടിപ്പടി പടിപ്പടി ആദ്യം മനസ്സ് പൊന്തു സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് കാണാം ഒരു ഇരുളു മാത്രം സുഷുപ്തിയിൽ നിന്ന് പൊന്തു ഉണരുമ്പോ മനസ്സ് പൊന്തു മനസ്സ് പൊന്തി കഴിഞ്ഞാൽ മനസ്സ് കണ്ണിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും ഒക്കെ പുറത്തേക്ക് വരും അങ്ങനെ അതിന് വിജൃംഭണം എന്ന് പറയുന്നത് അങ്ങനെ വിജൃംഭണം ആവുമ്പോൾ ലോകം കാണുന്നു പിന്നെന്താ വിഷയാഹ പുറമേക്കുള്ള ആളുകളെയും മറ്റു വസ്തുക്കളെയും ഒക്കെ കാണും ഇതൊക്കെ കാണാൻ ഒരാൾ ഉണ്ടെങ്കിലേ കാണപ്പെടുന്നു അപ്പൊ ഈ കാണുന്നവൻ ആരാണ് അനുഭൂതി സ്വരൂപൻ കാണുന്നവൻ അനുഭവമേ സ്വരൂപമായ ശുദ്ധപ്രജ്ഞയെ സ്വരൂപമായ ഈശ്വരനാണ് ഇത് സുസ്പുടമായിട്ട് ഉള്ളിൽ അറിയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അന്തസ്ഫുടാഗൃഹ്യത എന്ന് പറഞ്ഞത് ആർക്കെങ്കിലുമല്ല എല്ലാവർക്കും സകല പേർക്കും ഇത് സ്ഫുടമായിട്ട് ഞാൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നു അതിനെ ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ളതൊക്കെ തെളിയും ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് കുഴപ്പം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇതാണ് കാര്യം വീട്ടില് പഴയ പാത്രം ധാരാളം ഉണ്ട് അറിയണ ഉള്ളില് ധാരാളം പഴയ പാത്രം അപ്പോ പാത്രം വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു പഴയതൊക്കെ ഉണ്ടെങ്കി എടുത്തു കൊടുക്കാം ഒരു ഉപയോഗത്തിനും പറ്റാതെ പൊളിഞ്ഞതും പൊട്ടിയതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ വെച്ചിരിക്കാം പാത്രം വാങ്ങിക്കാൻ വന്നവന് എല്ലാ പാത്രവും കൂടെ എടുത്തു കൊടുത്തു അയാള് നല്ലവണ്ണം ഇതിന്റെ മാറ്റ് മനസ്സിലാവുന്ന ആളാണ് അയാള് നോക്കി അയാൾ അല്പം സത്യസന്ധനാണ് അയാള് പറഞ്ഞു ഈ പാത്രം ഞാൻ കൊണ്ടുപോയാൽ ഞാൻ പണക്കാരനാവും എന്താന്ന് വെച്ചാൽ ഇത് പിച്ചളയോ ചെമ്പോ അല്ല സ്വർണമാണ് ഇത് കൊറേ ദിവസമായി ക്ലാവ് പിടിച്ച് ക്ലാവ് പിടിച്ച് നിങ്ങൾക്ക് അറിയാതെ ഇട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് പിച്ചളയല്ല ഇത് ചെമ്പല്ല സ്വർണമാണ് അയ്യോ സ്വർണമാണോ അപ്പൊ എടുത്തു വെച്ചാൽ അടുത്ത ദിവസം തുടച്ചു വൃത്തിയാക്കി സൂക്ഷിച്ചു പൂട്ടിവെച്ചു തലേ ദിവസം വരെ ശ്രദ്ധിക്കാത്തത് ഇനി രാത്രി ഉറങ്ങോന്നൂല്ല ഓ അധികം ഉണ്ടോ ഉള്ളില് അല്ലേ അല്ലെങ്കിൽ തലേ ദിവസം വരെ അത് പുറത്ത് എവിടെങ്കിലും ഇട്ടുവെച്ചാലും ഉറങ്ങും ഇപ്പൊ എന്തായി അറ്റൻഷൻ ശ്രദ്ധ അതിൽ വീണു ഇത്ര കാലമായിട്ട് ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇത്രകാലം അതിന്റെ വില അറിഞ്ഞില്ല ഇത്രകാലം അതിന് ഇത്രയധികം വിലയുണ്ടെന്ന് അറിഞ്ഞില്ല അശ്രദ്ധയായിട്ട് അതവിടെ ഇട്ട് വെച്ചു ഇപ്പൊ ഒരു ദിവസം വില അറിഞ്ഞപ്പോ എന്തായി ശ്രദ്ധ അതില് പതിയാൻ തുടങ്ങി അതുപോലെ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ പുറമേക്കുള്ള ചളി കൊണ്ട് മൂടപ്പെട്ട് ജീവനെ പോലെയും മറ്റുമൊക്കെ തോന്നുക അനന്തപത്മനാഭസ്വാമി ഇത്രകാലം കറുത്തിരുന്നു അപ്പൊ ആർക്കും ഒരു പേടിയും വിഷമവും ഇല്ല ഇത്രകാലം അനന്തപത്മനാഭസ്വാമി തിരുവനന്തപുരത്ത് ആരോത്തിരി തുടക്കാൻ തുടങ്ങിയപ്പോ ഉള്ളിൽ ഓരോന്നായി അല്പഅല്പമായി ഭാഗങ്ങളൊക്കെ സ്വർണമായിട്ട് മിന്നു ആരും സ്വർണം ഉണ്ടാക്കിയതോ സ്വർണം പൊതിഞ്ഞതോ അല്ല ഉണ്ടായിരുന്നതാണ് അതിന്റെ മേലെ കറുത്തുപോയത് അതുപോലെ ഈ നമ്മളുടെ ഉള്ളിൽ എവർ അവൈലബിൾ സെൽഫ് അവെയർനെസ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വി യു സീ ഓർ അറ്റൈൻ ഇറ്റ് ഈസ് ഓൾറെഡി ദയർ അത് ശ്രദ്ധിക്കാതെ അജാഗ്രതയിൽ അത് നഷ്ടപ്പെട്ടു പോയിരിക്കും ഇനിയിപ്പൊ എന്തുവേണം ജാഗ്രത ഉത്തിഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യേക്കോ എന്നാണ് ജാഗ്രത ബി അലേർട്ട് ഉണർവോടെ വർത്തിക്കാം എന്തിനാ ക്ഷുരസ്യധാരാ നിഷിതാ ദുരത്യ ഈ സത്യം ഇത്തരം അടുത്തുണ്ട് ഒരാൾ സൂചിപ്പിച്ചു കാണിച്ചു തരുന്നു അതാണ് പ്രാപ്യപരാ നിബോധത ഇത് അറിഞ്ഞിട്ടുള്ളവരിൽ നിന്നും ഇത് ശെ അറിയ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വീകരിക്കുക സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തപടി എന്താ ജാഗ്രത ജാഗ്രത എന്താ ജാഗ്രത എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വാഴത്തലയുടെ മേലെ നടക്കുന്ന പോലെയാണ് ഈ മാർഗം വാൾത്തലയുടെ മേലെ നടക്കണ പോലെ എന്ന് വെച്ചാൽ ഭയങ്കരം അല്ലെങ്കിൽ വേദനാജനകം എന്നല്ല അർത്ഥം അല്പം അശ്രദ്ധയായാൽ മനസ്സ് പറ്റിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ വിഷമമൊന്നുമില്ല ഇത് വലിയ ഏറ്റവും വലിയ വിഷമം എന്താ അല്പം അശ്രദ്ധ മതി മനസ്സ് പറയും ഇതൊക്കെ കാര്യമൊക്കെ ശരി കിട്ടോ പക്ഷെ നമുക്കൊന്നും പറ്റില്ല എന്ന് പറയും അല്ലെങ്കിൽ അതും ഉണ്ട് ഇതും ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് അസത്യത്തിനെയും കൊണ്ടുവന്ന് തരും അപ്പൊ അതുകൊണ്ടാണ് ശ്രുതി ക്ഷുരസ്യധാരശിതാ ദുരത്യ എന്ന് പറഞ്ഞു വാളിന്റെ കത്തിയുടെ മൂർച്ചയേറിയ ഭാഗം പോലെ വളരെ അല്പമേ ഉള്ളൂ സ്ഥലം എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് ഈ ഞാൻ എന്താണ് ഇതിന്റെ സ്വരൂപം എന്താണ് സത്യം ഇത്രയധികം തേടാത് ഉത്രനൽ തിരുവരുൾ നിധി അകത്തിയക്കം തീർത്ത് അരുൾ അരുണാചലം അക്ഷരമണമാലയിലടാതെ വലയേ തരയാതെ ഒട്ടും അന്വേഷിക്കാതെ കിട്ടിയ നീതി മഹാഭൂതോ മഹാനിതി തേടാതുറ്റരുവരുൾ നിധി എന്താ നീതി ുള്ളില് താൻ താനായിട്ട് ഏതൊന്ന് ജ്വലിക്കുന്നുവോ അതുവേ തത്വം അതുവേ ഈശ്വരസ്വരൂപം അതുവേ ഈശ്വരസ്വരൂപം അതിനെ മറച്ചും കൊണ്ട് ഈ ജീവത്വഭാവന കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ഇത് നിശേഷം നീങ്ങിക്കിട്ടിയാൽ പുറമേക്കുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ രാഗം ദ്വേഷം എന്നോട് തന്നെ ഏർപ്പെടുന്ന ഭാവം കർത്തൃത്വം ഭോക്തൃത്വം ഈ കർത്തൃത്വ ഭോക്തൃത്വത്തിന്റെ ഒരു എക്സ്റ്റെൻഷനാണ് അറ്റാച്ച്മെന്റ് അവേർഷൻ അറ്റാച്ച്മെന്റ് അവേർഷൻ ഡുവേർഷിപ്പ് എൻജോയർഷിപ്പ് ആചാര്യസ്വാമികൾ ഒരിടത്ത് ഉപനിഷത് ഭാഷ്യത്തിൽ പറഞ്ഞു ലോകം എന്ന് വെച്ചാൽ ഈ നാലിലും ഒതുങ്ങിയെന്നാണ് നാലെണ്ണം ഈ നാലെണ്ണത്തിനെ വിട്ടാൽ ലോകത്തിനെ വിട്ടു എന്താ രാഗം ദ്വേഷം കർത്തൃത്വം ഭോക്തൃത്വം രാഗദ്വേഷം മറ്റുള്ളവരോട് ഏർപ്പെടുന്നത് അപ്പൊ എന്താ മനസ്സിൽ അതൊക്കെ പതിയും ആരെങ്കിലുമൊക്കെ രാഗത്തോടുകൂടെ ആരുടെ അടുത്തെങ്കിലും ഇടപെട്ടാൽ അവരുടെ ഉള്ളില് പതിയും ദ്വേഷത്തോടുകൂടെ ഇടപെട്ടാലും പതിയും അതേപോലെ കർത്തൃത്വവും ഭോക്തൃത്വം ഉണ്ടെങ്കിലോ എന്റെ ഇൻഡിവിജ്വാലിറ്റി എന്റെ വ്യക്തിത്വം ഐ വിൽ കീപ് ഇറ്റ് അലൈവ് ഉള്ളില് അപ്പോ ഇത് നാലും എങ്ങനെ പോകും ഇതെങ്ങനെ ഉണ്ടായി അജ്ഞാനം കൊണ്ടുണ്ടായി ഇത് എങ്ങനെ പോകും ജ്ഞാനം കൊണ്ട് പോകും ജ്ഞാനം കൊണ്ടെന്ന് വെച്ചാൽ തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അന്വേഷിക്കാത്ത അജാഗ്രത കൊണ്ടാണ് ഇരുട്ടിലുണ്ടായ പ്രേതം പോലെ ഇന്നലെ പറഞ്ഞ കഥയിലെ പ്രേതം ഉണ്ടായ പോലെ ഇരുട്ടിലുണ്ടായ പ്രേതം പോലെ അജാഗ്രതയിൽ ഉണ്ടായ ഒരു പ്രേതം ഒരു ഭൂതമാണ് ഈ അത് ജാഗ്രത കൊണ്ട് ഇല്ലാതാവും ജാഗ്രത ആയാൽ യു വേക്കപ്പ് യു വേക്കപ്പ് ഫ്രം ദ ഡ്രീം വ്യക്തിത്വമാകുന്ന സ്വപ്നം നെടുങ്കിനാവ് ദീർഘസ്വപ്നം ആ ദീർഘസ്വപ്നത്തെ നിന്ന് ഉണരും ഉണർന്നാലോ പരമമായ സൗഖ്യം എന്നാണ് സൗഖ്യം നമ്മൾ നേടിയെടുത്ത സൗഖ്യമല്ല അതവിടെ ഉണ്ട് അതാണ് സത്യത്തിനെ നേടിയെടുക്കലല്ല സത്യം ഉണ്ട് നമ്മൾ അതങ്ങനെ കളയായിരുന്നു ഒരാള് ഒരു തകരപ്പെട്ടിയുടെ മേലെ ഇരുന്ന് വർഷക്കണക്കായി ഭിക്ഷ എടുക്കുന്നു ആ പോകുന്നവരോടും വരുന്നവരോടും ഒക്കെ പത്ത് പൈസ തരുവോ ഇരുപത്തഞ്ചു പൈസ തരുവോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വൃദ്ധൻ പോകുന്നു അയാളോട് ഇരുപത്തഞ്ചു പൈസ തരുമോ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഞാൻ തരണമൊക്കെ ഇരിക്കട്ടെ താൻ ഇരിക്കണ പെട്ടി തുറന്നു നോക്കിയിട്ടുണ്ടോ ഏയ് ഇതിപ്പോ തുറന്നു നോക്കാൻ എന്താ ഉള്ളത് ഇതിപ്പം എനിക്കറിയില്ലേ ഞാൻ ഈ നാൽപ്പത് വർഷമായി ഇതിന്റെ മേലെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാൽപ്പത് വർഷമായി ഇരിക്കണമെന്നുള്ള കാര്യം ശരി ഈ നാൽപ്പത് വർഷത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടു ഏ തുറന്നു നോക്കാനൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം ഈ തകരപ്പെട്ടി ഇതിൻ്റെ മേലെ ഞാൻ നാൽപ്പത് വർഷമായിട്ട് ഇരിക്കുന്നു അവസാന അയാളെ നിർബന്ധിച്ചത് അനുസരിച്ച് ആ തകരപ്പെട്ടി തറന്നു നോക്കുമ്പോൾ അതിനകത്ത് ധാരാളം സ്വർണവും രത്നങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ മേലെയാണ് പെട്ടി കണ്ടിട്ട് തകരപ്പെട്ടിയല്ലേ എത്രയല്ലേ ഉള്ളൂ അതിന്റെ മേലെ കയറി ഇരുന്ന് വരുന്നവരോടും പോണവരോടും ഭിക്ഷായാചനം അതുപോലെയാണ് തന്നിൽ തന്നെ വെച്ചുകൊണ്ട് ആത്മാപുനർ ബഹിർമൃഗ്യഹ അഹോ അജ്ഞജനതാജ്ഞത ഭാഗവതം പറയുക എല്ലാത്തിനെയും ഉള്ളിൽ വെച്ചുകൊണ്ട് ആ നിധി ഉള്ളിൽ വെച്ചുകൊണ്ട് ആത്മാപുനർ ബഹിർമൃഗ്യഹ അഹോ അജ്ഞജനതാജ്ഞത ഈ ജനതയുടെ അജ്ഞതയെക്കുറിച്ച് എന്തു പറയാനുള്ള ഉള്ളിൽ കിട്ടിയിട്ടുള്ള വസ്തുവിനെ ബഹിർമൃഗ്യഹ എന്നാണ് പുറമേക്ക് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു കിട്ടിയിട്ടുള്ളതിനെ അന്വേഷിച്ച് നടക്കുന്നു അഹോ അജ്ഞനതാജ്ഞത എന്നാണ് ഇപ്പൊ ഈ അജ്ഞജനതയുടെ അജ്ഞത എപ്പം നീങ്ങും ഈ സത്യം സൂര്യനെ കണ്ണില്ലാത്തവന് കാണാൻ വയ്യാത്തതുപോലെ സൂര്യനെ പോലെ പ്രകാശിച്ചിട്ടും കാണാൻ വയ്യ സൂര്യനെ പോലെ ഉള്ളിൽ തെളിഞ്ഞിട്ടും കാണാൻ വയ്യ അതിന്റെ തെളിച്ചത്തിലാണ് ഈ പുറമേക്കുള്ള സൂര്യനെ പോലെ നമ്മൾ കാണുന്നത് അതിന്റെ തെളിച്ചത്തിലാണ് സർവവസ്തുക്കളെയും നമ്മൾ കാണുന്നതും അനുഭവിക്കണത് അപ്പോ ഉള്ളില് നമ്മളുടെ കണ്ണൊന്ന് തുറക്കണം ഈ രണ്ട് കണ്ണ് പോരാ ഉള്ളിലൊരു കണ്ണ് തുറക്കണം അതിനെന്താ ഗുരുവർഗോപലബ്ധ ഉപനിഷ് സുചക്ഷുഷേ തദന്ത ഭവാനൃതാം ബുദ്ധിം ഗുരുവാുന്ന സൂര്യൻ പ്രകാശിച്ച് ഉപനിഷത്താവുന്ന കണ്ണു തുറക്കുന്നു ഉപനിഷത്ത് എന്ന് ഈ ആത്മദർശന ശക്തി ശ്രദ്ധ ശ്രദ്ധയാവുന്ന കണ്ണു തുറക്കുമ്പോ തരന്തീഹ അനിർതാംബുദ്ധിം എന്നാണ് സംസാര സമുദ്രം എന്ന് പറയണല്ലോ കള്ളമായ സമുദ്രം എന്നാണ് അനിർതാംബുദ്ധി സമുദ്രം പോലെ തോന്നണെന്നല്ലാതെ ഇവിടെ അല്പം പോലും വെള്ളമില്ല മരുഭൂമിയില് അലയടിക്കണ പോലെ തോന്നും ദൂരത്തുനിന്ന് നോക്കിയാൽ മരുഭൂമിയിൽ ആ വെയിലടിക്കുമ്പോ മരുപ്പച്ച മരുമരീച്ച കാനൽ നീര് എന്ന് ചൊള്ളുവാ തമിഴില് ദൂരത്തുനിന്ന് നോക്കുമ്പോ ആ മെരാഷ് അത് കാണും ദൂരത്തുനിന്ന് ധാരാളം വെള്ളം അങ്ങനെ അലയടിക്കുക കുടിക്കാനായിട്ട് അടുത്ത് ചെന്നാൽ ഒരു പൊട്ടുപോലും വെള്ളം അവിടെ ഇല്ല അതുപോലെയാണ് നമ്മൾ ഈ സംസാര സമുദ്രം സംസാര സമുദ്രം എന്ന് പറയണതേ അതെ സമുദ്രം എങ്ങനെ ഉണ്ടായി ചെന്ന് നോക്കാത്തത് കൊണ്ട് ഉണ്ടായതാ ദൂരത്തുനിന്ന് കാണുന്നത് കൊണ്ട് സമുദ്രമായിട്ടും അലയടിക്കണതായിട്ടും ആഴമുള്ളതായിട്ടും അതിൽ പെട്ട് മരിച്ചു പോകുന്നതായിട്ടും ഒക്കെ തോന്നുന്നു അടുത്തു ചെന്ന് നോക്കുമ്പോ ശ്രീ സുഖബ്രഹ്മ മഹർഷി തന്നെ പറയുന്നു സദ്ഗുരുവിന്റെ കൃപ കൊണ്ട് ഉള്ളിലുള്ള കണ്ണു തുറന്നിട്ട് ഒന്ന് പോയി കണ്ടാൽ ഭവ അനിർതമ്പ ബുദ്ധിമുട്ടെന്നാണ് കള്ളമായ സമുദ്രം അവിടെ സമുദ്രമേ ഇല്ല സമുദ്രം എന്ന് വെറുതെ തോന്നിയതാ അവിടെ ഒരു സമുദ്രവും ഇല്ല ഇപ്പൊ ഈ കണ്ണ് തുറക്കാത്തത് ഈ സമുദ്രം കാണപ്പെടുന്നത് ഏതാ കണ്ണ് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി ഈ പുറമേക്കുള്ള കണ്ണിനു കണ്ണ് മനസ്സ് മനസ്സിനും കണ്ണ് എന്നുവെച്ചാൽ എല്ലാത്തിനും കണ്ണായിട്ടുള്ളത് അഹമസ്മി എന്നുള്ള അനുഭൂതി താൻ താൻ എന്നുള്ളത് ആ താൻ എന്നുറയ്ക്കുമളവ് അത് ഉറച്ചാൽ എന്തൊരു ആനന്ദം എന്താപ്പോ ഇവിടെ ആനന്ദം പുതിയതായിട്ട് കിട്ടിയത് എന്ന് വെച്ചാൽ സംശയങ്ങളും അസ്തമിച്ചു ഈ സത്യം ഒന്ന് പിടികിട്ടിയാൽ ഇനിയിപ്പോ ലോകത്തിലെ എത്ര വലിയ തത്വചിന്തകന്മാർ വന്ന് തലകുത്തി നിന്നാലും അയാളുടെ ഉള്ളിൽ അല്പം ഒരു സംശയം ഇനി ഉണ്ടാക്കാൻ സാധ്യമല്ല ഏ നിങ്ങൾ പറയണതൊക്കെ ശരി എന്നാലും ഞങ്ങൾ വേറെ ചിലതൊക്കെ കണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കണ്ടെത്തിക്കൊള്ളൂ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് കാശിയിലല്ല ഗംഗ ഹരിദ്വാറിലല്ല ഗംഗ നമ്മളെ എറണാകുളത്താണോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ അപ്പൊ ഈ സത്യത്തിനെ കണ്ടിട്ട് വന്ന ആളേക്ക് ആദ്യത്തെ ലാഭം എന്താ ചിത്യന്തേ സർവ സംശയാളിലുള്ള ഇനി സംശയിക്കാനെ ഒക്കുകയില്ല ഇനി സംശയിപ്പിക്കാനും ഒക്കുകയില്ല ആര് വിചാരിച്ചാലും ശരി ഇനി അയാളെ കുറച്ച് എന്നാലും ഇത്തിരി ഒന്ന് സംശയിപ്പിക്കാൻ പറഞ്ഞ സാധ്യമല്ല ഇനി അയാളോട് നിങ്ങൾ എന്തു പറഞ്ഞാലും ഇതല്ലാതെ വേറെ വല്ലതും ഉണ്ട് എന്ന് ധരിച്ച ഓ ധരിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേ ധരിച്ചോളൂ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ വഴിയിൽ നിന്നെയൊന്ന് മാറ്റി നിർത്താനും സാധ്യമല്ല അതാണ് ആചാര്യസ്വാമികൾ സൂത്രഭാഷ്യത്തിൽ പല സ്ഥലങ്ങളിലും ഈ സത്യത്തിനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഇതൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു നഷ്ടവും കാരണം എന്താ സ്വ വിഷയേ കാണാമ വാദസ്യ സ്വാനുഭൂതി കൊണ്ട് കിട്ടേണ്ട വിഷയത്തിൽ വാദത്തിന് ഇവിടെ എന്ത് സ്ഥാനം തർക്കിച്ചിട്ട് എന്ത് സാധനം അപ്പൊ ഇവിടെ എന്താ ആനന്ദത്തിന്റെ ഉറവിടത്തിനെ സ്പർശിക്കുകയാണ് ആ അപ്പോ ആദ്യത്തെ ലാഭം സംശയമൊക്കെ നീങ്ങുന്നു രണ്ടാമത്തത് എന്താ പൂർണത്വപ്രതീതി ഇതൊക്കെയാണ് സത്യത്തിന്റെ ലക്ഷണം നമ്മള് ആ സത്യത്തിനെ സ്പർശിച്ചു എന്നറിയുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഒന്നാമത് സംശയം മുഴുവൻ നീങ്ങി രണ്ടാമത് പൂർണത്വ പ്രതീതി ഇനി അതിൽ ആപൂര്യമാണ് എന്ന് ഭഗവാൻ ഇന്നലെ പറഞ്ഞുവല്ലോ സമുദ്രത്തില് എന്തു കയറിയാലും അത് കുറയില്ല ഒരു കാരണവശാലും അത് വറ്റി അപ്പൊ പൂർണത്വ പ്രതീതി മൂന്നാമത് ഭയം ഉള്ളെന്ന് വിട്ടുപോകുന്നു നാലാമത് അയാൾക്ക് ഒരു വശത്ത് അഹങ്കാരവും ഇല്ല ആരെങ്കിലും കാലം വലുതാണോന്നോ ആരെങ്കിലും കാലം ചെറുതാണോന്നോ രണ്ടു ഭാവവും വിട്ടുപോകും സമത്വം വലുപ്പവും ചെറുപ്പവും ഉള്ളെന്ന് വിട്ടുപോകുന്നു ഇതെല്ലാം കൂടെ നിറഞ്ഞു കഴിയുമ്പോ ഉള്ളിലെ ശാന്തി ആനന്ദം ആ ആനന്ദത്തിനെ എന്തിനോട് ഉപമിക്കും എന്നാണ് യത് സൗഖ്യാബുധി ലേശലേശതയുമേ ശക്രാതയോ നിർവൃത്താ ഈ സമുദ്രം ആനന്ദ സമുദ്രത്തിന്റെ ലേശലേശ ആചാര്യ സ്വ രാമകൃഷ്ണ പരമവംസർ പറയും ബ്രഹ്മത്തിനെ ഒരു പഞ്ചസാര കൂമ്പാരമായി കണക്കാക്കിയാണ് ആ പഞ്ചസാര കൂമ്പാരത്തിൽ ഉറുമ്പ് പോലെയാണ് ഈ ജീവൻ കയറുന്നത് കയറിക്കഴിഞ്ഞാൽ ഉറുമ്പ് നല്ല വലിയ പഞ്ചസാര കൂമ്പാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക അത് തിന്ന് തിന്ന് തിന്ന് തിന്ന് അതിനകത്ത് പോവല്ലേ ഈ ആനന്ദ സമുദ്രത്തിന് ലേശലേശ അതിന്റെ അല്പമൊന്നും കണ്ടാൽയോ നിർവൃത്താഹ ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാര് പോലും അതിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് തന്നെ അവർക്ക് നിർവൃതിയായി സൗഖ്യാബുധി ലേശലേശതയുമേ ശക്രാതയോ നിർവൃത്താഹ അല്പാനുഭവം ഉണ്ട് പൂർണാനുഭവ അല്പാനുഭവം എന്താ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർഗങ്ങളിൽ അല്പമൊന്നും മറന്നീങ്ങുമ്പോൾ തന്നെ ഈ സുഖം കുറെ ഒക്കെ കിട്ടും ഈ സത്യത്തിന്റെ ആത്മാവിന്റെ ഒരു ഗാംഭീര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലൗകികമായിട്ട് പോലും ആളുകൾ പ്രോഗ്രസ് ആവണതെ അവര് വ്യക്തി നിന്നുകൊണ്ട് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യും അത്ഭുതമായിട്ട് ചെയ്യും നാപ്പോളിയനെ കുറിച്ച് പറയും യുദ്ധത്തിന് വന്ന് നിന്നാൽ ആയിരക്കണക്കിന് ശത്രു സൈന്യം മുമ്പിൽ വരുമ്പോൾ ഇദ്ദേഹം ഒന്ന് നിലവിളിച്ചാൽ മതി അവരവിടെ നിൽക്കുമത്രേ അത് ജ്ഞാനത്തിന്റെ ബലമൊന്നുമല്ല വ്യക്തിയുടെ ബലവുമല്ല ഇതൊക്കെ പെർസനാലിറ്റി പവർ പറയും പെർസനാലിറ്റി അവിടുന്ന് നീങ്ങുമ്പോഴാണ് ആ പവർ വരണത് അവിടുന്ന് ആ പക്ഷേ അത് അൺകോൺഷ്യസാണ് അതുകൊണ്ട് എന്താവുന്നു അവർക്ക് അത് സ്വായത്തമാക്കാൻ പറ്റില്ല അവസാനമാവുമ്പോ ആരും അറിയാതെ ഒരാളും ശ്രദ്ധിക്കാനില്ലാതെ ഒരു ഇരുട്ട് മുറിയിൽ കിടന്ന് ചാവണ്ടി വന്നു അദ്ദേഹത്തിന് അപ്പോ ഈ പവറിനെ അൺകോൺഷ്യസായിട്ട് ഉള്ളിലേക്ക് വരുത്തിക്കാം പല വഴികളുണ്ട് അതിന് പല ടെക്നിക്കുകളുണ്ട് അതിലൂടെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ അൺകോൺഷ്യസ് ആയത് തന്നെ അത് നഷ്ടപ്പെട്ടു പോകും ബോധപൂർവം അല്ലാത്തത് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകും അതുപോലെ എത്രയോ കാര്യങ്ങൾ എത്രയോ കാര്യങ്ങൾ ഈ സ്പോർട്സിലാവട്ടെ കലകളിലാവട്ടെ ഇവിടെയൊക്കെ തന്നെ അവരെ അറിയാതെ എവിടെയോ ഒരു തലത്തിൽ അവർ മാറി നിൽക്കുമ്പോൾ വഴിമാറി നിൽക്കുമ്പോഴാണ് അവരിലൂടെ അനന്തത പ്രവർത്തിച്ചു തുടങ്ങണു അപ്പോഴാണ് അവർക്ക് സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് അപ്പോ പക്ഷെ അബോധപൂർവം അതേപോലെ ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരൊക്കെ ആ പദവിയിലൊക്കെ എത്തിയത് ഇതിനെയൊക്കെ അബോധപൂർവം എന്തൊക്കെയോ ചെയ്തിട്ടും മറ്റുമൊക്കെയാണ് അതാണ് ഇവിടെ പറഞ്ഞത് ലേശലേശതേ ശക്രാതയോ നിർവൃത്താഹ ശക് ഇന്ദ്രാദികൾ നിർവൃത്തി പ്രാപിച്ചു നിതരാം പ്രശാന്തകലനെ ലബ്ധാ മുനിർ നിർവൃത്താഹ ഈ സത്യത്തിനെ തെളിച്ചെടുത്ത മുനി ഈ സത്യത്തിനെ സ്വാനുഭവത്തിൽ കൊണ്ടുവന്ന മുനി ചിത്തെ ചിത്തത്തില് നിതാം പ്രശാന്തകലനേം അതിനെ നിരന്തര പ്രശാന്തമായ ധ്യാനം കൊണ്ട് പ്രശാന്തമായ അനുസന്ധാനം കൊണ്ട് ആ സത്യത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്നതുകൊണ്ട് ലബ്ധാ മുനിർ നിർവൃത്ത മുനിക്ക് നിർവൃത്തി ഉണ്ടായി ശാന്തി ഉണ്ടായി സിദ്ധി ഉണ്ടായി സിദ്ധി എന്ന് വെച്ചാൽ എന്തെങ്കിലും നേടുന്ന സിദ്ധിയല്ല തന്നെ പൂർണമായി തന്നെ അർപ്പിച്ചു എന്നർത്ഥം പരീക്ഷിത്ത് അവസാനം പരീക്ഷത്തിനോട് ശ്രീശുഖബ്രഹ്മ മഹർഷി തത്വോപദേശം ചെയ്തിട്ട് ചോദിച്ചു തനിക്ക് സന്തോഷമായോ എന്ന് തനിക്ക് സംശയമൊക്കെ നീങ്ങിയോ സന്തോഷമായോ എന്ന് ചോദിച്ചു അപ്പൊ പരീക്ഷത്ത് പറയുന്നു ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി ഭവതാ കരുണാത്മന അപാരകാരുണ്യം കൊണ്ട് ഞാനിതാ സിദ്ധനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു എനിക്കിനി ഭയമില്ല തക്ഷകനെയും ഭയമില്ല മൃത്യുവിനെയും ഭയമില്ല അഭയത്തിനെ ഞാൻ ദർശിച്ചിരിക്കുന്നു എന്നാണ് അപ്പോ യിത്തെ നിതരാം പ്രശാന്തകലനെ ലബ്ധാ മുനിർ നിവൃത്ത യസ് നിത്യസുഖം ബുധോ ഗളിതീഹി ബ്രഹ്മവന ബ്രഹ്മവിനെ അറിഞ്ഞവൻ ആരാണ് വെച്ചാൽ ആരുമില്ല ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞ ഒരാളില്ല ആരെങ്കിലും ഒക്കെ ഞാൻ അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞാലോ അപ്പോഴും അറിഞ്ഞിട്ടില്ല രണ്ടും പറയാനവിടെ ആളില്ലാന്നാണ് അവിടെ അറിഞ്ഞു എന്ന് പറയാനും ആളില്ല അറിഞ്ഞില്ല എന്ന് പറയാനും ആളില്ല ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മജ്ഞാനി അല്ല ബ്രഹ്മമേ അതാണ് സൗഖ്യം സമുദ്രത്തില് വീണ് ആള് ആനന്ദ വീണ ആള് ബ്രഹ്മൈവ ന ബ്രഹ്മവിദ് അയാൾ ബ്രഹ്മവിത്തല്ല ബ്രഹ്മമേ ബ്രഹ്മവിനെ അർജവൻ ബ്രഹ്മമായിട്ട് തീരുന്നു യസ് നിത്യസുഖംബുധീവൽ ബുദ്ധി ഗളിക്കാൽ എന്താ അർത്ഥം അറ്റ് സം പോയിന്റ് ഓഫ് യുവർ സെൽഫ് എക്സ്പീരിയൻസ് You recognize that your intellect is lost. Logic is lost. That is why you are lost in your mind. Blum! Galitadhi brahmaiva na brahmavit. That buddhiyam, manasum, indiriyangalum, shithavruttigalum, shalanuvum, yaktitvabodum, one of them is lost in Tamil. There is a question in Tamil. Saivasiddha and Dathra Vahyana. Cholvana. Aana vilangi na blambalam. Cholvana. ഒരു ഒരു ചൊല്ലാണ് ആന വിഴുങ്ങിയ ബ്ലാ ബ്ലാരങ്ങനെ നിങ്ങളിവിടെ എന്തു പറയും വിളാമ്പഴം തമിഴ് കറൽക്കെല്ലാം തരും കേരളത്തില് പല സ്ഥലങ്ങളിലും ഈ ബ്ലാരങ്ങ എന്നാണ് ഞങ്ങള് പാലക്കാട് പറയാം ഇങ്ങോട്ടൊന്നും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ അവർക്ക് ശരിക്ക് ക്രിക്കറ്റ് കോർക്ക് പോലെ ഉണ്ടാവും സാധനം അതിന് ഒരു കവികൽപ്പനയാണോന്ന് അറിയില്ല ആ പഴം ആന വിഴുങ്ങിട്ട് വിസർജ്ജനം ചെയ്യു അത്രയും ആന വിഴുങ്ങിട്ട് വിസർജനം ചെയ്താൽ അതേപോലെ എങ്ങനെ വിഴുങ്ങിയോ അതേപോലെ പുറത്തു വരും പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല എന്നാണ് ഉള്ളിലുള്ളതൊക്കെ ഇറ്റ് വിൽ ബി സക് പുറമേക്ക് വരുമ്പോ അതേപോലെ പുറമേക്ക് പക്ഷെ ഉള്ളിലുള്ളതൊന്നും ഒക്കെ പോയി അതേപോലെയാണ് സദ്ഗുരുവിന്റെ കൃപയ്ക്ക് പാത്രമായി ഈ തത്വജ്ഞാനം തെളിഞ്ഞ ജീവനും പുറമെക്ക അതേപോലെ എല്ലാം ഒരേപോലെ എല്ലാവരും മറ്റേ ഉള്ളവരെ പോലെ തന്നെ പക്ഷെ അകമയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചു പോയിരിക്കുന്നു എന്താ ആ ഏതൊരു വ്യക്തിത്വം അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ഇൻഡിവിജ്വൽ അവിടെ ഉണ്ടായിരുന്നു അയാൾ പോയി അസാമി പോയി രമണ മനുഷ്യ ഒരിക്കൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോ കാഷ്വലായിട്ട് പറഞ്ഞു ഇതില പാട്ട് നടക്കുന്നത് എങ്കയോ പാടേ ഇങ്ങനെ ആള് കിടയാതെ അതുപോലെതാ നമ്മൾ പാട്ട് നടക്കണു റേഡിയോ പാടുന്നവർ ഉണ്ടോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ റേഡിയോന്റെ പുറകെ പോയി ഇങ്ങനെ നോക്കും ആരെങ്കിലും ഉള്ളിൽ ഇരിക്കണുണ്ടോ ചെറുതായിട്ട് അതില ആളില്ലേ അവിടെ എവിടെയോ പാടുന്നത് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ തത്വം ധരിച്ചവന്റെ ഇരുപ്പ് അവിടെ വ്യക്തിത്വം നിശേഷം അസ്തമിച്ചിരിക്കുന്നു എങ്ങനെ അസ്തമിച്ചു അത് വാസ്തവമല്ല എന്നുള്ള തന്നെ അസ്തമിച്ചിരിക്കുന്നു അപ്പൊ എന്തായി ഗളിതധീഹി ബ്രഹ്മൈവന ബ്രഹ്മവിത്ത് അങ്ങനെയുള്ള ആള് യഹ് കശിത്ത് ഏതോ ഒരു ആ സത്യത്തിനെ കണ്ടെത്തിയ ഏതോ ഒരു മഹാപുരുഷൻ സുരേന്ദ്രവന്ദിതപദ ദേവേന്ദ്രൻ മുതലായിട്ടുള്ളവർ പോലും വന്ന് നമസ്കരിക്കുന്ന പാദത്തോടുകൂടി അവനാണ് സുരേന്ദ്ര വന്തിതപദോ നൂനം മനീഷാമമാ വലിയ ഒരു വിശേഷണമാണ് ആചാര്യസ്വാമികൾ കൊടുത്തത് കാരണം എന്താ സർവത്ര നൈരാശ്യം പൂണ്ട് ഇഹ അമുത്രഫലഭോഗവിരാഗാണ് ലൗകികമായിട്ടുള്ള ഫലത്തിലും കൊതിയില്ല വൈദികമായി പര പാരലൗകികം അമുത്ര സ്വർഗത്തിൽ പോയിട്ട് നീ സുഖിക്കണം എന്നുള്ള കൊതിയും ഇല്ല രണ്ടിലും വൈരാഗ്യം വന്നതോടുകൂടെ ദേവന്മാരു പോലും അയാളെ കണ്ട് ആശ്ചര്യപ്പെടുന്നു എന്നാണ് കാരണം എന്താ അവർക്ക് സാധിച്ചില്ല അവർക്ക് ലോകത്തിലുള്ള കൊതി പോയെങ്കിലും അവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ രണ്ടും വിട്ടുപോയിരിക്കുന്നു ഉള്ളിൽ നിന്ന് രണ്ടിനോടുള്ള പ്രതിപത്തി നിശേഷാറ്റുപോയിരിക്കുന്നു ആ വ്യക്തിത്വം തന്നെ നിശേഷാറ്റുപോയിരിക്കുന്നു അപ്പൊ എന്താ യഹ്കശ്ചിത് ഏതോ ഒരു മഹാപുരുഷൻ സുരേന്ദ്ര വന്ദിതപദ സുരേന്ദ്രൻ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരാൽ വന്ദിതമായ പാദത്തോടു കൂടിയവൻ ന്യൂനം മനീഷാമ അത് എന്റെ നിശ്ചയമായ അഭിപ്രായം എന്റെ തീരുമാനമാണ് അത് എന്നാണ് എന്താ എന്താ തീരുമാനം ഈ സത്യം കണ്ടെത്തിയവൻ ആനന്ദിക്കുന്നു എന്നുള്ള തീരുമാനം അവൻ എങ്ങനെയുള്ളവൻ വേണമെങ്കിലും ആകട്ടെ അതാണ് ഭജഗോവിന്ദത്തിൽ യോഗരത്തോവാ ഭോഗരത്തോവാ സങ്കരത്തോവാ സങ്കവിഹീന യസ്യ ബ്രഹ്മണിരമത്തെ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവൻ അവൻ യോഗിയായിരിക്കട്ടെ പുറമേക്ക് പുറമേക്ക് അയാൾ യോഗിയായിരിക്കട്ടെ ഭോഗിയായിരിക്കട്ടെ എല്ലാവരുടെയും നടുക്ക് സംഘബദ്ധനെ പോലെ ഇരിക്കട്ടെ അല്ല സംഘമൊക്കെ ഉപേക്ഷിച്ച് സന്യാസിയെപ്പോലെ അറിഞ്ഞു നടക്കട്ടെ യോഗരത്തോ വ ഭോഗരോവ സംഘരത്തോവാ സംഘവിഹീന യസ്യ ബ്രഹ്മണിരമതേ ചിത്തം ആരുടെ ചിത്തം ബ്രഹ്മത്തിൽ രമിക്കുന്നുവോ നന്ദത്തി നന്ദത്തി നന്ദ അങ്ങനെയുള്ളവൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഉറപ്പിക്കുക കാരണം എന്താ പുറമേക്കുള്ള ഉപേക്ഷയോ പുറമേക്കുള്ള സംഗ്രഹമോ ഇത് രണ്ട് എക്സ്ട്രീംസ് ആണ് ഒന്നിലാളുകൾ ധരിക്കും ധാരാളം ശേഖരിച്ചു വെച്ചാൽ ഞങ്ങൾക്ക് സുഖമുണ്ടാവും മറ്റൊരു വശത്ത് ആളുകൾ ധരിക്കുന്നു ഈ ശേഖരിച്ചു വെച്ചത് സുഖമില്ല അതുകൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിക്കാം ഒരു വശത്ത് ആളുകൾ ധരിക്കുന്നു നമുക്ക് ധാരാളം ഭോഗം ചെയ്താൽ സുഖമുണ്ടാവും മറ്റൊരു വശത്ത് ആളുകൾ ധരിക്കുന്നു ഈ ഭോഗത്തിനൊക്കെ ഉപേക്ഷിച്ചാൽ സുഖമുണ്ടാവും ആചാര്യസ്വാമി പറയണം ഇതൊക്കെ പുറമേക്കുള്ള കാര്യങ്ങളാണ് ഇത് പ്രാരബത്തിനനുസരിച്ച് നടക്കും നടക്കാതിരിക്കും നിങ്ങൾ ഭോഗരനാവട്ടെ ഭോഗവിഹീനനാവട്ടെ സംഘരതനാവട്ടെ സംഘവിഹീനനാവട്ടെ ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്നാൽ ലോകത്തിന് സേവ ചെയ്താൽ ഇത് കിട്ടും എന്ന് കുറെ ആരുകൾ ഉദ്ധരിക്കണു അവർ സേവ ചെയ്തുകൊണ്ടേയിരിക്കും മറ്റൊരു വശത്തെ ആളുകൾ ഈ കൂട്ടമൊക്കെ ഉപേക്ഷിച്ച് തനിച്ചുപോയാസുഖം കിട്ടുന്നു വിചാരിക്കുന്നു അവരും തനിച്ചിരുന്നുണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ഒക്കെ തന്നെ കൂട്ടത്തിലിരുന്നാലും തനിച്ചിരുന്നാലും ഭോഗ വേഷം ധരിച്ച് ഭോഗി പോലെ ജീവിച്ചാലും യോഗിയെ പോലെ ജീവിച്ചാലും എങ്ങനെയാണെങ്കിലും വേണ്ടില്ല ആരുടെ ചിത്തം ഈ നിശ്ചയമായിട്ടുള്ള ഈ തത്വത്തില് സാക്ഷിമാത്രമായി അചലമായി ആനന്ദസ്വരൂപമായിട്ടുള്ള പൂർണ്ണ വസ്തുവിൽ രമിക്കുന്നുവോ അങ്ങനെയുള്ളവൻ നന്ദതി നന്ദതി നന്ദൻ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു അപ്പോ കാര്യം എന്താണ് കാര്യം ഈ തത്വഗ്രഹണമാണ് ഈ സത്യത്തിനെ ശ്രദ്ധിക്കലാണ് കാര്യം സത്യത്തിനെ ശ്രദ്ധിച്ചും കൊണ്ട് രീതിയിൽ ജീവിച്ചാലും ആനന്ദം ആ സത്യത്തിനെ പിടികിട്ടിയിട്ടില്ലെങ്കിൽ സന്യാസമെടുത്ത് ഹിമാലയത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നാൽ പോലും കാര്യമായിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട് ലാഭമൊന്നും ഉണ്ടാവില്ല പിന്നെയും കർത്തൃത്വം ഭോക്തൃത്വം അഭിമാനം രാഗദ്വേഷങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതം കലുഷമാവും നമ്മൾ മലയാളിയായിട്ടുള്ള ഒരു സാധു കൈലാസത്തിൽ എവിടെയോ പോയിരിക്കുകയാണ് അദ്ദേഹം ഡൽഹിയിൽ ഒരുക്കി വന്നു ഒരു പ്രഭാഷണത്തിന് വന്നു അവിടെയൊക്കെ അദ്ദേഹം ബാബാ ബാബാന്ന് അറിയപ്പെടുന്നു പേഴ്സണലായിട്ട് വന്ന് വർത്തമാനം പറയാൻ വന്നു അദ്ദേഹത്തിന് എന്തൊക്കെയാ പ്ലാന് ചൈനയോട് യുദ്ധം ചെയ്യണം നേപ്പാ കൈലാസം പിടിച്ചെടുക്കണം രാഷ്ട്രീയമായിട്ട് നാട്ടിൽ ഇളക്കണം ഈ പോയി ഇരുന്നാലും ഈ സങ്കല്പങ്ങളൊന്നും പോവില്ല എന്നർത്ഥം അശാന്തമാണ് സബലമാണ് എവിടെയാണെങ്കിലും അപ്പൊ നമ്മളെ പിടികൂടണം മനസ്സ് പിടികൂടും അപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് അത് വീട്ടിലാവട്ടെ വ്യവഹാരമണ്ഡലത്തിലാവട്ടെ എവിടെയാണോ അവിടെ വെച്ച് കാര്യം ചെയ്യേണ്ടത് എന്താ ഈ ഉള്ളിലുള്ള സത്യത്തിനെ ശ്രദ്ധിക്കാം ഭഗവാൻ എപ്പോഴും കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് ലഭിച്ച പൊരുളായിട്ട് ഇരിക്കണം ആ ലഭിച്ചതിനെ ഉപയോഗിച്ചാൽ അവിടെ അനുസന്ധാനമേർപ്പെട്ടാൽ നമ്മൾ എവിടെയിരിക്കണമോ അവിടെ തന്നെ ഭഗവത് തത്വം ഉള്ളില് പ്രകാശിക്കും ഇതാണ് ഈ അഞ്ച് ശ്ലോകങ്ങൾ കൊണ്ട് ആചാര്യസ്വാമികൾ നമുക്ക് തരുന്ന സന്ദേശം ഈ അഞ്ച് ശ്ലോകം മാത്രമല്ല എല്ലാ കൃതികളും ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെയും സാരം ഇതാണ് നമ്മളെ തത്വം ഗ്രഹിപ്പിക്കാനും പൂർണത്വത്തിൽ ഇരുത്താനും ജീവിതത്തില് ധന്യത ഉണ്ടാക്കി തരാനും വേണ്ടിയിട്ടാണ് ധന്യത ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം എന്ന അനുഭൂതി പ്രാപ്തവ്യം പ്രാപ്തം കർത്തവ്യം കൃതം പ്രാപിക്കേണ്ടത് പ്രാപിച്ചു ചെയ്ത് തീർക്കേണ്ടത് ചെയ്തു തീർത്തു എന്നുള്ള ഒരു പ്രതീതി എന്നുവെച്ചാൽ പൂർണ്ണത്വം അത് ഈ ആത്മവിചാരം കൊണ്ട് നിരന്തരമായ ആത്മവിചാരം കൊണ്ടും ഉണ്ടാവും നിരന്തരമായ ആത്മമനനം മനനം തുടർന്നിടേണം അതിന് മനനം തുടരണം ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് തെളിഞ്ഞു കിട്ടുന്നവരെ നിശിതമായി നിരന്തരമായി സന്തതം ചലിപ്പറ സന്തോഷമാകവേ എപ്പോഴും സന്തോഷമായി ചലിച്ചുപോവാതെ ഉള്ള ശ്രദ്ധ ശ്രദ്ധ ഭക്തി ധ്യാനയോഗാൻ മുമുക്ഷൂൻ വിവേക ചൂടാമണി ശ്രദ്ധയും ഭക്തിയും ധ്യാനയോഗം ധ്യാനയോഗം എന്താ നിരന്തരമായി ഈ അഹമസ്മി എന്നുള്ള അനുഭവത്തിനെ ഗ്രഹിക്കലാണ് ധ്യാനയോഗം അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ജപം കൊണ്ടോ സങ്കീർത്തനം കൊണ്ടോ സത്സംഗത്തിലുള്ള നിരന്തര പരിശ്രമം കൊണ്ടോ ഹൃദയത്തിനെ ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കണം ആ ഹൃദയശുദ്ധി കൊണ്ട് സർവേശ്വരൻ പരമ കൃപയാൽ ദാമി ബുദ്ധി യോഗം തം യന മാ അനുകമ്പർത്ഥമഹമജ്ഞാനജം താശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത ഭഗവാൻ പറയുന്നു ആര് പ്രീ ഭജതാം പ്രീതിപൂർവകം പ്രീതിയോടുകൂടെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ അഭിമാനമില്ലാതെ ഭക്തിസാധന ചെയ്യുന്നവന് ഭജതാം പ്രീതിപൂർവകം അഭിമാനമില്ലാതെ ഭജിക്കുന്നവന് അഹങ്കാരമില്ലാതെ ഭജിക്കുന്നവന് എന്തു ചെയ്യും ഭഗവാൻ പറയുന്നു ദദാമിബുദ്ധിയോഗം അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തിനെ പ്രദാനം ചെയ്യും ഏനമാം ഉപയാന്തി അതുകൊണ്ട് അവൻ എന്നെ പ്രാപിക്കും ശയാമി ആത്മഭാവസ്തുവ അനുകമ്പാർത്ഥം അവരോടുള്ള അനുകമ്പ കാരുണ്യം ഹേതുവായി കൃപയാൽ അനുകമ്പ വെച്ചാൽ കൃപ കൃപ അഹം അജ്ഞാനജം തമഹാ നാശയാമി അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിൽ നിന്നേർപ്പെട്ട ഇരുട്ടിനെ നീക്കി ജ്ഞാനദീപേന ഭാസ്വത ജ്ഞാനമാകുന്ന വിളക്കുകൊണ്ട് അത്യന്തം പ്രകാശമാനമായ ജാജ്വല്യമാനമായ ജ്ഞാനമാകുന്ന വിളക്കുകൊണ്ട് ജ്ഞാനദീപേന ഭാസ്വത അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ ഇരുട്ടിനെ ഞാൻ നീക്കി അവർക്ക് പരിപൂർണത്വ പ്രദാനം ചെയ്യും എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്താ സർവേശ്വരന് ജഗത്വനു മുഴുവൻ ആദിഗുരുവായിട്ടുള്ള ആ മഹാശക്തിക്ക് ശരണാഗതി ചെയ്യാം കാരുണ്യത്താൽ സർവേശ്വരൻ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഈ അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ നീക്കി ജ്ഞാനപ്രദാനം ചെയ്യും ഭാഗവതത്തിൽ മത്സ്യാവതാര സത്യവ്രതൻ പറഞ്ഞു അനാദ്യ അവിദ്യോപഹതാത്മസംവിതന്മൂല സംസാരപരിശ്രമാർ യർച്ചയേഹോപകുഹ് വിമുക്തിദോ ഗുരുഭവാൻ അനാദികാലമായിട്ടുള്ള മായയെ നീക്കി ഭഗവാൻ എതിർച്ചയാ സദ്ഗുരുവായി വന്ന് നമ്മളുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ നീക്കി ആത്മതത്വ പ്രധാനം ആത്മാനുഭവ പ്രധാനത്തിനെ ചെയ്യുന്നു ആ ആദി ഗുരുവായിട്ടുള്ള സർവേശ്വരന് ശരണാഗതി ചെയ്യുക ശരണാഗതി എല്ലാറ്റിലും വേണം ശരണാഗതിയിലാണ് ആരംഭം ശരണാഗതിയിലാണ് യാത്ര ശരണാഗതി തന്നെ ലക്ഷ്യം അവസാനമാകുമ്പോ നിശേഷമായി തന്നെ ആ മൂലത്തിലേക്ക് അർപ്പിക്കുന്നു ആ സോഴ്സില് തന്നെ തന്നെ അർപ്പിച്ചു കളയുന്നു സർവേശ്വരന്റെ മുമ്പില് അർപ്പിച്ചു കളയുന്നു അപ്പോ ബാക്കി നിശേഷം ഉള്ളതെന്താ അശേഷം ദ്വൈതം നീങ്ങി അനന്തമായ ബോധാനുഭവം അതിന് ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം യഥോ മമാത്മാഭവസിമേവ തോ നമചി അതിഥാപേഷ്ടുരുമാത്മനാഥം രമണം ഭജ